ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മയും പരലോകത്ത് നന്മയും നീ എഴുതിത്തരേണമേ തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു അള്ളാഹുസുബ്ഹാനഹുവായ പറഞ്ഞു എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും എന്നാൽ എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് അതിനാൽ ഭയഭക്തിയുള്ളവർക്കും ജക്കാത്ത് നൽകുന്നവർക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഞാനത് എഴുതിവയ്ക്കും